രണ്ടാം മല്ലീ ആറാം സമുദ്രം ഇവിടെ ആത്മവിദ്യ ആക്കിക്കായിരിക്കും ആധികാരി വിശേഷണങ്ങളായിട്ട് യോഗ്യതയെ കുറിച്ച് ആത്മവിദ്യയുടെ മഹത്വത്തെ കുറിച്ചും പറയുക രണ്ടു കാര്യങ്ങളാണ് ആത്മവിദ്യയുടെ അധികാരിയുടെ യോഗ്യത വേണ്ടൊക്കെയാണ് അധ്യമദേവൻ ശരികരിക്കുന്നു അതോടൊപ്പം ആത്മവിദ്യയുടെ മഹത്വം ആറാമത്തെ മന്ത്രം നസമ്പരായ പ്രതിഭാദി ബാലൻ സമാദ്യന്തം വിമോഹേന മോഘം അയം നോകോ നരയി മനി പുനഃ പുന വശം ആപത്യു മേ തിഭാതി ബാളം സമാദ്യന്തം മിക്തമോഹേന മോഘം അയം ലോക പരമാനി പുനഃ പുനഃ ശം ആപാദ്യത്തെ പ്രം വിമോഹേ അയം ലോഹോരമാനി പുനർവശമാകുന്ന സമ്പരാതി ഗുരുവിന് സമ്പരാ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല അത് മെളിവാകുന്നില്ല സമ്പരാതിഭാദി സമ്പരാം മെളിവാകുന്നില്ല എന്താണ് സാമ്പ്രദായം അടുത്ത് പറയുന്നത് എനിക്ക് സാമ്പദായ മരിച്ച് എത്തിച്ചേരുന്ന ഇട പരയത പിന്നീട് എത്തിച്ചേരുന്ന സ്ഥലം എത്തിച്ചേരുന്ന സ്ഥലം ഇത് സമ്പരായ അതാണ് അത് പറഞ്ഞത് പരലോകമ്പ ശബ്ദത്തിന്റെ അർത്ഥം സമ്പരായ സമ്പരായ അതിന്റെ അർത്ഥം പരലോകൊന്നാണ് തത്പ്രാപ്തി പ്രയോജന സാധനവിശേഷം തത്പ്രാപ്തി എന്നുവെച്ചാൽ പരലോകപ്രാപ്തിയാകുന്ന പ്രയോജനം അതിന് സാധനമായിരിക്കുന്ന വിശേഷ സാധനമായിരിക്കുന്ന എന്തോ ശാസ്ത്രീയ ശാസ്ത്രം പ്രതിപാദിക്കുന്ന സാധനം പരലോകപ്രാപ്തിക്കുതകുന്ന അതൊന്ന് ശാസ്ത്രം പ്രതിപാദിക്കുന്നതുമായ വിശേഷ സാധനം അതിന് സമ്പരായെന്ന് പറയുന്നു സമ്പരായ എന്ന് പറയുന്നത് പരലോകം പരലോകത്തിനുതകുന്ന സാധനം സാമ്പരായം എന്നാണ് സാമ്പരായ ശബ്ദത്തിന്റെ അർത്ഥം കർലോക പ്രാപ്തിക്ക് ഉതകുന്നത് സാമ്പ്രദായം അവിവേകം പ്രതിഭാതി നാശതഷ്ഠതി ചെയ്ത് ആ സാമ്പ്രദായം കർലോക പ്രാപ്തിക്ക് ഉതകുന്ന സാധന വിശേഷങ്ങൾ ബാലനെ അവിവേകിച്ച് ൂഢനനായ മനുഷ്യന് അവിവേകനം പ്രതി ആ മൂഢനായ മനുഷ്യന് ന പ്രതിഭാവി ന പ്രകാശത്തെ ന ഉപതിഷ്ഠതയെ അറിയപ്പെടുന്നില്ല അവിവേകിയെ സംബന്ധിച്ചിടത്തോളം പരലോക സാധനം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല ബാലം എന്നുള്ള ഇവിടെ അവിവേകി എന്നാണ് അർത്ഥം പറഞ്ഞത് അത് സൂചിപ്പിക്കുകയാണ് ഇവിടെ നദീദസ് ബാലനാണെങ്കിലും അവിവേകിയല്ല വിവേകിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സാധാരണഗതിയിൽ അതറിയാൻ കഴിയത്തില്ല പക്ഷെ നഗീസിന് അതറിയാൻ കഴിഞ്ഞു എന്നാണ് പ്രമാന്തം പ്രമാദം കുർബന്ധം പ്രമാദം ഉള്ളവന ഇവിടുത്തെ പ്രമാദം എന്ന് പറയുന്നത് എന്താണ് പുത്ര പശ്വാദി പ്രയോജനേഷു ആസക്ത മനസ്സം സാധാരണഗതിയിൽ പ്രമാദം എന്ന് പറയുന്നത് അറിയേണ്ട കാര്യം റിയാതിരിക്കുന്നതിനാണ് പ്രമാദം എന്ന് പറയുന്നത് അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ അതുകൊണ്ട് വരുന്ന വീഴ്ച പ്രവൃത്തി വരുന്ന ദോഷങ്ങളെല്ലാം പ്രമാദം എന്ന് പറയുന്നത് ഓർക്കേണ്ട കാര്യങ്ങൾ വിസ്മൃതി എന്നുള്ള പ്രയോഗിക്കും പ്രമാദം ഓർക്കേണ്ട കാര്യം സമയത്ത് ഓർക്കാൻ കഴിയാതിരിക്കുക അതുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിയാതിരുന്ന പ്രമാദം സംഭവിച്ചുകൊണ്ടിരിക്കും അറിവിലും പ്രവർത്തിക്കുന്നു പ്രമാദം പറ്റിയെന്നു പറയും ഇവിടെയും പ്രമാദം എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ ഇവിടെ എന്തു വരുന്നു പുത്ര പശുവാദി പ്രയോജനേഷു പുത്രൻ പശു ഫലങ്ങൾ പ്രയോജനം ഫലം അതിൽ ആസക്ത മനസ്സ് ആസക്തമായ മനസ്സ് ആയതുകൊണ്ട് ഇവിടെ കരലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മള് പ്രമാദം അതല്ല അതുപോലെ വിത്ത നിന അവിവേകേന മോഹം തമസ അച്ഛന്നം വിത്തമോഹം വിത്തം ധാരാളം നിത്തം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവിവേകം കൊണ്ട് മോഠമായ തമസ അച്ഛന് അതുകൊണ്ട് പൊതിഞ്ഞ അവിവേകമാകുന്ന ഇരുട്ടുകൊണ്ട് പൊതിഞ്ഞ മൂടപ്പെട്ട അങ്ങനെയാണ് അതിനെന്ത് ചെയ്യുന്നു അയമേവ ലോക ൃശ്യമാണ് സ്ത്രീ അന്നപാനാതി വിശിഷ്ട അമേഴ് ലോക ഈ ലോകം മാത്രമേ കാണപ്പെടുന്ന ലോകം സ്ത്രീ അന്നപാനാതി വിശിഷ്ട സ്ത്രീ അന്നപാനം തുടങ്ങിയവയോടുകൂടി ഭൗതിക സാമഗ്രികളോടുകൂടിയിരിക്കുന്നു ഈ ലോകം മാത്രമേ ഒന്ന് നാസ്തിപര പരലോകമില്ല അഭിഷ്ടോ ലോകം അഭിഷ്ടമായ ലോകം നമുക്ക് കാണാൻ കഴിയാത്തതായ മറ്റൊരു ലോകം ഇല്ല പ്രത്യേകം മനനശീല മാനി എന്ന് ചേന്തിക്കുന്നു ഭൗതികമായ ഈ ലോകം മാത്രം സത്യം കാണാൻ കഴിയാത്തതൊന്നും ഇല്ല നിലനിൽക്കുന്നില്ല അധിഷ്ഠമായ പരലോകം എന്ന് പറയുന്ന ഒന്നില്ല ഈ ലോകത്തില് നേലാവുന്നുണ്ടാക്ക പശുവാൻ എന്തെല്ലാം നേലാൻ കഴിയുമോ നേടുക അതിനുവേണ്ടി വിത്തം സമ്പാദിക്കുക വിത്തമോഹം കൊണ്ട് മോഹമായിരിക്കുന്നു മോഹമാകുന്ന മൂടുപടം കൊണ്ട് മൂടിയിരിക്കുന്നു ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ജീവിതമായി അവർ കണ്ടുവെട്ട് വിടുന്നു പുനഃ പുനഃ ജനിത്വ അവർ വീണ്ടും ഇവിടെ ജനിക്കുന്നു ലൗകികമായ കർമ്മങ്ങൾ തന്നെ ചെയ്ത് ജീവിച്ച് മരിച്ച് വീണ്ടും പിന്നെ ജനിച്ച് ഭക്ഷണം അധീനത അപദ്ധ്യം എന്റെ അധീനം ഇത് കഴിയുന്നു എന്റെ എന്ന് പറഞ്ഞാൽ മൃത്യുഹോമം മരണത്തിന്റെ മരണത്തിന് അധീരൻ അധീനരായി അവർ ജീവിക്കുന്നു സാധാരണ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയാണ് ശരീരം ആ ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം മൊഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഭർണവും കുറിച്ചോ ചിന്തിക്കാത്തവൻ അവൻ ജനന മരണാദി ലക്ഷണം ദുഃഖപ്രബന്ധാരൂഢം ജനനം മരണം ഈ രൂപത്തിലുള്ള ദുഃഖപ്രബന്ധം ഈ ദുഃഖ സമൂഹത്തിൽ ആരൂഢനായിരിക്കുന്നു അതിൽ തന്നെ നിരന്തരം മുഴുകിയിരിക്കുന്നു ഏവഭവതി അങ്ങനെ തന്നെ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുക അപ്പൊ ഇതൊന്നുമല്ല ഒരു ആത്മജിജ്ഞാസവിന് വേണ്ടത് പരലോക ചിന്ത ഇല്ലാതിരിക്കുക ലൗകമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക അങ്ങനെ നിരന്തരം ജനന മരണങ്ങളിൽ കണ്ടപ്പെട്ടിരിക്കുക ഇതൊരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നത് നദീയെ സമനല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ർത്ഥമാണ് അവിവേകിയും സമാദ്യന്തം വിഷയങ്ങളിൽ ആസക്തമായ മനസ്സോടുകൂടിയവനും യുക്തമോഹേന മോഠം ധനാശ കൊണ്ട് മോഹിക്കപ്പെട്ടവനും ആയവനെ സാമ്പരായ പരലോക പ്രാപ്തിക്കുടകുന്ന സാധനവിശേഷം നരിഭാവി അറിയപ്പെടുന്നുണ്ടാണ് അയൻ ലോക ഈ ലോകം മാത്രം പരഹ നാസി പരലോകമില്ല എന്ന് ചിന്തിക്കുന്നവൻ പുനഃ പുനഃ വീണ്ടും വീണ്ടും നൂ വശം മൃത്യുവിന് അധീനം ആ പദ്ധതിയിൽ ഷയത്തെ തന്നെ സ്വീകരിക്കേണം ശ്രവണയാവി ബഹുധർ യോനലബ്ധ്രവന്തോ ബഹവോ യന്ന വിദ്യു ആശ്ചര്യോ വക്തലോ അസ ആശ്ചര്യോ ജാത കുശലനുശിഷ്ട ശ്രവണി ശ്രവ അഹുഭാ അപ്പവ ു ആശ്ചര്യ വുശല അസ ആശ്ചര്യ ജാത കുശലുശിഷ്ട ശ്രവണയാഹുഗ്രോ ന സന്നോതി ബഹവോ യു ആശ്ചര്യോ വക്തലോ സലബ്ചര്യോ ജാത കുശലാനുശിഷ്ടംവിധ ലോക മനുഷ്യൻ പ്രാണി പൊതുവേ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ഈ പറഞ്ഞ രീതി കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ രീതിയിലാണ് പൊതുവെ മനുഷ്യരല്ല ഇങ്ങനെ പറഞ്ഞകൂട്ടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഈ ലോകം മാത്രം സത്യരാണെന്ന് കരുതുന്നു അങ്ങനെ ഇവിടെ ജനന മരണങ്ങൾക്ക് വിധേയരായി കഴിയുന്നു വിവേകം ലേശമില്ല അതിനാണ് പറയുന്നത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞവരെ കുറിച്ച് പറയുകയാണ് േയവർത്തി ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവരുണ്ട് സഹസ്രേഷു കസ്റ്റിരേ അത് ആയിരങ്ങളിൽ ഒരാളാണ് സഹശ്രേഷു എന്നുവെച്ചാൽ അനേകായിരങ്ങളിൽ ഒരാൾ അനേകനേകം പേരിൽ അനേകം എന്നുള്ള അർത്ഥത്തിലാണ് സഹസ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് അനേകം മനുഷ്യരിലും ഒരാളായിരിക്കും ശ്രേയസ്സിനെ അർത്ഥിക്കുന്നത് ആത്മവിദ്ധവതി ആത്മാവിനെ അറിയുന്നവർ തദ്വിധ നിന്നോലേ എന്ന് പറയുന്നത് എന്തോ യുസ്മാവണയാതി ശ്രവണം ശ്രോതോഭി യഹുരി അനേകി ശ്രവണയാതി ബഹുഭർ യോലി ലഭ്യ ആത്മാത്മാവ് ശ്രവണായാർ ശ്രവണാർത്ഥം സ്രോതുമോപി ഒന്ന് കേൾക്കുന്നതിന് പോലും നലദ്ധ കിട്ടുന്നില്ല ആത്മാവിനെ കുറിച്ചൊന്ന് കേൾക്കുന്നതിന് പോലുമുള്ള അവസരം ബഹുതി അനേകേ വളരെ പേർക്ക് ഭൂരിപക്ഷം പേർക്ക് കിട്ടുന്നില്ല ആത്മത്തെക്കുറിച്ച് ശ്രവിക്കാനുള്ള അവസരം കൂടി കിട്ടുന്നില്ല ശ്രമം ഭൂപി ഇനി ശ്രവിക്കാനുള്ള അവസരം കിട്ടിയാലോ ബഹവഹ അനേകി അവർക്ക് ശ്രവിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ആത്മതത്വത്തെ അവർ ശ്രവിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ഞാൻ ആത്മാവനം പക്ഷെ ഈ ആത്മാവിനെ വിദ്യുഹു എന്നാ അറിയുന്നില്ല അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടത് ആത്മതത്വത്തെ ശ്രവിച്ചിട്ടും കേൾക്കാൻ പറയത്തത് അഭാവിന അസംസ്കൃതാത്മാണ അസംസ്കൃതനാണ് അവരുടെ ആത്മാവ് ചിത്രം ശുദ്ധമല്ല സംസ്കരിക്കപ്പെട്ടതല്ല അവന്റെ ചിത്രം ന വിജാനീയു അറിയുന്നില്ല ആവർത്തിച്ച ആവർത്തിട്ട് കേട്ടിട്ടും അറിയുന്നു വളരെ പേർക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതിന് കഴിയുന്നില്ല കാരണം അതിനുള്ള പുണ്യം ഇല്ല ഇനി അങ്ങനെ പുണ്യമുണ്ട് കേൾക്കാൻ കഴിഞ്ഞാലോ വീണ്ടും ചിത്രത്തിന്റെ മാലിന്യം കൊണ്ട് അറിയാൻ കഴിയുന്നില്ല ഇതിന്റെ വക്താവാണെങ്കിലും അദ്ഭുതവദേവ അനേകൈവതി അനേകം വക്താക്കളാണ് ഇതിന്റെ ശരിയായ വക്താവ് അദ്ഭുതവശ്ചര്യം എന്നിട്ട് ഇവിടെ വളരെ ദുർലഭം ദുർലഭമായ ഒന്നിനെ കാണുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം ഉണ്ടാകുന്നത് വളരെ ദുർലഭമാണ് എന്ന അർത്ഥത്തിൽ പറയുന്നത് കശ്ചിദേവഭവതി ആശ്ചര്യം ദുർലഭമെന്നുള്ള അർത്ഥത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നതാണ് പറയുന്നത് കസ്റ്റിലേ അനേകരിൽ ഇതിന്റെ വക്താവ് അത്ഭുതമാണ് എന്നിട്ട് വളരെ ദുർലഭമാണ് ഈ തത്വത്തെ മനസ്സിലാക്കി പറയുന്നവർ വളരെ ദുർലഭമാണ് തഥാശ്രുത്വാദി അശ്രീ ആത്മന കുശല നിപുണ എന്നിവ അനേകേഷം ലബ്ധ കസ്റ്റിരിയോ നീ കേൾക്കുന്നവരിലോ തഥാശ്രുത്വാദി കേട്ടാലും അങ്ങനെയൊരു ശരിയായ വക്താവ് പറഞ്ഞു കഴിഞ്ഞാണ് കേൾക്കുന്നവരും ആത്മന കുശനഹ നിൽക്കുന്ന ഈ ആത്മവിഷയത്തിൽ സമർത്ഥനായവ ലബ്ധ അനേകർ ലബ്ധ കസ്റ്റിരും ലബ്ധാവ് ഈ ആത്മലാഭം നേടുന്നവരും ആ പൂക്കമാണ് ശരിയായ ഒരു വക്താവ് പറഞ്ഞു കഴിഞ്ഞാലും അതും അതിന് നേടുന്നവനും വളരെ വളരെ അപൂർവമാണ് ആശ്ചര്യോ വക്ത കുശലോ സമർത്ഥനായ ലബ്ഭാവും ഇതിനില്ല യുസ്മാ എന്തുകൊണ്ട് ആശ്ചര്യ ജാത കശ്ചര്യ ഇവന്റെ ജാതാവ് ഇവനെ അറിയുന്നവൻ അപൂർവമാണ് എങ്ങനെ കുശലാനുശിഷ്ട കുശലേന നിപുണേന ആചാര്യേന അനുശിഷ്ട കുശലനായ നിപുണനായ ആത്മവിദ്യയിൽ നിപുണനായ ഒരാചാര്യനായി ഉപദേശിക്കപ്പെട്ടാൽ അങ്ങനെ ഇതിനെ അറിയുന്നവൻ വളരെ അപൂർവമാണ് എന്ന് പറഞ്ഞാൽ നിയമദേവനെ പോലെ ഒരു ആചാര്യനും നദിഗേതത്തിന് ഓരോരു ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള ആത്മവിദ്യ പ്രകാശിക്കത്തുള്ളൂ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം കാരണം ഇത് അത്യധിക സൂക്ഷ്മമാണ് വളരെ നിപുണനായ സമർത്ഥനായ ഒരു ഗുരു ഉപദേശിച്ചാൽ മാത്രമേ വളരെ യോഗ്യതയുള്ള ഒരു ശിഷ്യന് ഇതിനിക്കാൻ കഴിയത്തുള്ളൂ അതാണ് അതിന്റെ പരമാർത്ഥം അത് പറയുന്നത് അതുകൊണ്ട് ആത്മതത്വത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ലെന്നല്ല ഇതിന്റെ മുഖ്യമായ ഫലം ആത്മവിദ്യയുടെ മുഖ്യമായ ഫലം പറയുന്നത് എന്താണ് സദ്യവും സദ്യയും മുക്തിയും ആ മുഖ്യമായ ഫലം ഉണ്ടാകണമെങ്കിൽ പറയുന്നയാളും ചേർക്കുന്നയാളും അതിന് യോഗ്യത ഉള്ളവരായിരിക്കും പിന്നെ ശ്രോതാവും ഭർത്താവും തമ്മിലും വലിയ അകലം ചില താളത്തിൽ ഭർത്താവിന് പിന്നും തന്നെ അതിന്റെയും ശ്രോതാവും അങ്ങനെയുള്ളവരിൽ മാത്രമേ ആ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുള്ളൂ അല്ലാതെ ഈ ആത്മ തത്വത്തെ പ്രചരിപ്പിക്കുന്നതും അതിനെ ശ്രമിക്കുന്നതുമെല്ലാം ഇതിന് പാത്രമാകുന്നതിനുള്ള യോഗ്യത സംഭാവിക്കുന്നത് ആത്മതത്വത്തെ കുറിച്ചുള്ള നിരന്തരമായ ചെറുവളങ്ങൾ അത് ഈ പറയുന്ന സംസ്കൃതാത്മ ഒരു സംസ്കൃതാത്മാവാകുന്നതിന് അങ്ങനെ സഹായിക്കും മുഖ്യമായ ഫലം ഉണ്ടാകണമെങ്കിൽ അത്രയും യോഗ്യത സമ്പാദിപ്പിച്ചിരിക്കണം അപ്പൊ അതിനു മുമ്പ് വേണ്ട യോഗ്യതകൾ ആർജിക്കുന്നതിനാണ് ഇതിനെക്കുറിച്ചുള്ള ശ്രമങ്ങളെ സഹായിക്കുന്നത് സാധാരണ ഒരു വൈദ്യ സംബന്ധിക്കുന്നത് അതുകൊണ്ടത് നിഷ്പ്രയോനാണ് പറയുന്നത് വേണം പറയുന്നത് കൊണ്ട് പറയുന്നതിന്റെ അന്ധകരണത്തിന് ശ്രദ്ധിക്കും അത് വിധിവത് പറയും എന്റെ വിധിപ്രകാരം ഒരാൾ പറയുകയും വേറെ ഒരാൾ കേൾക്കുകയും തയ്യാറായ രണ്ടുപേർക്കതുകൊണ്ട് പ്രയോജനം എന്റെ പ്രയോജനം പക്ഷെ എന്റെ പരമപ്രയോജനവും പറഞ്ഞു ദൈവം പരമം ഗുഹിയും മത്ഭക്തീഷ്വരിധാസ്യ ഭക്തിയുമായി പരാമപ്പെടുത്തുക വിവേദന പറയുന്നു മാം ഏഷ്യത്യ സംശയ ആരാണോ ഇത് അപ്പൊ എന്തുകൊണ്ടും നമ്മൾ പറയുന്നു പ്രകടിപ്പിക്കുന്നു സാധാരണ ഒരുപാട് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പോ ഇത് ആത്മവിദ്യ ശരിയായ ഒരു ഗുരുവിൽ നിന്ന് ആത്മജ്ഞാനിയായ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്ന് വേണം ഇത് ിയായ ഒരു ഗുരുവിൽ നിന്നും ഇത് സ്വീകരിക്കുന്നതിന് തനിക്കേണ്ട യോഗ്യത താൻ യോഗ്യനാണെന്നാണ് പൊതുവെല്ലാവരും ധരിക്കുന്നത് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൽ നിന്നും ഇത് കേൾക്കുന്നതിനുള്ള യോഗ്യത തനിക്കുണ്ട് അതുകൊണ്ട് ഇനി അതിന്റെ ഒരു കുറവാണ് വാരും ഒരുത്തനും അമരവോക്കൂടി ചിന്തിക്കത്തില്ല ബ്രഹ്മനിഷ്ഠന്മാരായ ഗുരുക്കന്മാരെ അന്വേഷിച്ചു നടക്കുന്ന ഒരുപാട് പേരെ കണ്ടു കൊറേ നടന്നു കഴിഞ്ഞാണ് മനസ്സിലാവുന്നത് തനിക്കതിനുള്ള യോഗ്യരേഖ എന്ന് മനസിലാകുന്നു കാരണം ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ കണ്ടുകഴിഞ്ഞാൽ ഗുരുവിനെ തിരിച്ചു പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനാണോ വേറെ എന്തെങ്കിലും നിഷ്ഠനാണോ തിരിച്ചറിയും അപ്പോ അവിടെ പ്രധാനമായിരിക്കുന്നത് തന്റെ യോഗ്യതയാണ് അപ്പൊ തന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ളതാണ് തനിക്ക് കിട്ടേണ്ടത് എന്നുള്ളത് പറയുന്ന ആത്മനിഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവന് അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച ഒരു ഗുരുവും കൊടുക്കാൻ പറ്റും ആ ഗുരുവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചല്ല അവന് കൊടുക്കുന്നത് അവൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവനവന്റെ യോഗ്യതയാണ് ശ്രോതാവിന്റെ യോഗ്യതയാണ് പിന്നെ ബ്രഹ്മജ്ഞാനികളായ ആത്മനിഷ്ഠരായ ഗുരുതന്മാരെ സമീപിക്കുന്നതിന്റെ പുണ്യാണ് ഉണ്ടാവും അവരെ ദർശിക്കുന്നത് കൊണ്ടുള്ള പുണ്യം അവരെ വാക്കിക്കുന്നത് കൊണ്ടുള്ള പുണ്യം ഉണ്ടാവും പക്ഷെ അതും എന്റെ യോഗ്യതയ്ക്ക് സഹായിക്കുമെന്നുള്ളതല്ലാതെ ആത്മജ്ഞാനത്തിന് അത് മാത്രം ഒരാളെ അധികാരിയാക്കുന്നില്ല അയാൾ ആ യോഗ്യത എത്തിച്ചേർന്നാല് അങ്ങനെ ഒരു ഗുരുവിൽ നിന്നും അയാൾക്ക് ആത്മവിദ്യ ലഭിക്കത്തുള്ളൂ അപ്പൊ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അവനവന്റെ യോഗ്യത അപ്പൊ ഏഴ് മാർഗത്തിൽ നിന്ന് നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ഒരു സാധന സംബന്ധിച്ചിടത്തോളം വേണ്ടത് താൻ യോഗ്യനാണ് തന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഗുരു വേണം എന്ന് ചിന്തിച്ച് നടക്കുന്നതാണ് ഒരിക്കലും ഈ ആത്മവിദ്യക്കുള്ള യോഗ്യത ഉണ്ടാകത്തില്ല അപ്പൊ എവിടെയാണെന്നും ഇത് കേൾക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാകഴിഞ്ഞാൽ അതിനെ കേൾക്കാൻ ശ്രമിക്കുക അത് ടേപ്പർ കാർഡിൽ നിന്നായാലും ിൽ നിന്നായാലും മതി പല പുസ്തകങ്ങൾ വായിച്ചാലും മതി ഇവിടെ നിന്നായാലും ശരി ആത്മതത്വത്തെ ശ്രവിക്കുക അതാണ് സാധാരണ മനുഷ്യൻ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കണം ആൾക്കാരുടെ ഇടയിൽ അപ്പൊ അതൊക്കെ അവരെ സംസ്കരിക്കണം അന്ധക്കനത്തെ സംസ്കരിക്കും ക്രമേണ എന്നുള്ള യോഗ്യത മനുഷ്യനുണ്ടാവും അങ്ങനെ അതിന്റെ പരിപക്വമായ യോഗ്യതയിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ഗുരു അവനത് ഉപദേശിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തെളിയി അപ്പൊ നമ്മളത് ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒന്ന് തെളിയാത്തത് ഗുരുവിന്റെ ന്യൂനതയല്ല നമ്മുടെ ന്യൂനതയാണ് ആ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പോയി യമനെയും എന്താണ് അങ്ങനെയുള്ള മുക്തമനായ ഒരു ഗുരു മനായ ഒരു ശിഷ്യൻ സമീപിക്കുന്നിടത്താണ് ഗുരു ശിഷ്യ പാരസ്പര്യമായി ആ പാരസ്പര്യത്തിലാണ് ശരിക്കുള്ള ആത്മവിദ്യ പ്രകാശിക്കുന്നത് അതിനു മുമ്പെല്ലാം അത് ആ യോഗ്യത സമ്പാദിക്കുന്നതിന് അതുകൊണ്ട് യോഗ്യനായ ഒരു ഗുരു ആത്മജ്ഞാനി ആത്മനഷ്ടനായ ഒരു ഗുരുവിനെ സമീപിച്ച് ഇത് നേടികളാണ് ാത്തവരൊക്കെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല ഇനി മറ്റൊരു കൂട്ടുന്നുണ്ട് അത് വിചാരിക്കുന്നു നമുക്ക് യോഗ്യതയെല്ലാം തികഞ്ഞു ഇനിയിപ്പം ഇത് നമുക്ക് ശ്രവിക്കേണ്ട അതല്ല ഇനി ഉപദേശിക്കുകയാണ് നമ്മുടെ ജോലി ഉത്യാസ മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ എളുപ്പം തീരുമാനിച്ച് ഗുരുക്കന്മാരാവുന്നവരുണ്ട് ഇതൊന്നും പ്രയോജനം ചെയ്യത്തില്ല എന്നാണ് അപ്പൊ ശരിയായി നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഏതാണ് ഏത് സമയത്താണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് നമ്മൾ ബന്ധത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലാണ് ഒരാൾക്ക് ആത്മബോധം ഉണ്ടായതായി പറയുന്നത് ജനകമഹാരാജാവിന് ഒരുവർക്ക് ഏതരത്തിലുണ്ടായി മറ്റുള്ളവർക്ക് തരത്തിലുണ്ടായി ചിലവർക്ക് മൃഗങ്ങൾ ഉപയോഗിച്ചു പക്ഷികൾ ഉപദേശിച്ചു വംശം ഉപയോഗിച്ചു ആളുപയോഗിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതിനൊരു മനുഷ്യൻ പോലും പലയിടത്തും നിമിത്തം അതാതേനെ ആത്മബോധം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത്രയും മോശിക്കും എത്രയോ ഗുരുക്കന്മാരും പ്രകൃതി എന്ന ഗുരുവായി വരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഇത് അത്യധികം രഹസ്യമായ കാര്യങ്ങളാണ് പരമമായ ഫലപ്രാപ്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ കൊണ്ട് തീരുമാനിക്കുന്ന അളവ് കൂലുകളൊന്നും അത് ഇവിടെ പറയുന്നത് എന്താണ് അച്ഛരിയു വളരെ ആശ്ചര്യമായ രീതിയിൽ സംഭവിക്കുന്നതാണ് ഇതല്ല അതിന് ഏതെങ്കിലും നിമിത്തം ഈശ്വര്യമായ ഏതെങ്കിലും നിമിത്തങ്ങൾ അതിന്റെ പരവമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് നമ്മുടെ പരിശ്രമവും ഒന്നുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല അതിന്റെ അന്തിമ ചെരവുമായിട്ടുള്ള ജ്ഞാനപ്രാപ്തി എന്ന് പറയും അവിടെ നമ്മുടെ പരിശ്രമം നോക്കുന്ന യാതൊരു സ്ഥാനമില്ലാത്ത ഒന്നാണ് അപ്പോ അത് അങ്ങനെയാണ് കാര്യത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് മുൻവിധികളുമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ അത്തമായ ബുദ്ധിമുട്ടുള്ള മുൻവിധികളുമായി തോന്നിയിരുന്ന യാതൊരു അർത്ഥമുണ്ട് അപ്പോ സമയമാണോ നമ്മളിൽ ആ വിദ്യ പ്രകാശിക്കേണ്ടത് ആ സമയത്ത് ആ വിദ്യ പ്രകാശിക്കും എന്നുള്ള ഒരു പ്രത്യാശ നിലനിർത്തി ഒരു സാധകം പ്രവർത്തിക്കുക അധികൊന്നും ഒരാൾ ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ഒരു ഗുരു കാരണ്യം കൊണ്ട് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ അറിവ് പ്രകാശിച്ചു അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ സാർവനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അതിനല്ല ഈ പറയുന്ന തന്റെ അനോഗ്യദ പരിഹരിക്കുന്നതിനാണ് അതിനുവേണ്ടിട്ടാണ് അയാൾ പരിശ്രമിക്കേണ്ടത് ചിന്തിക്കേണ്ടത് അപ്പൊ ആ തത്വത്തെ ഇതിന്റെ ആ ആശ്ചര്യ അപൂർവം അതിനെ പ്രകടിപ്പിക്കുന്നതാണ് ഈ മന്ത്രം വളരെ നിഗുണനായ യോഗ്യനായ ഒരു രാജാചാര്യന്റെ ഉപദേശം കൊണ്ട് അതുപോലെ യോഗ്യനായ ഒരു ശിഷ്യന് ഈ ജ്ഞാനം പ്രകാശിക്കുന്നു അതാണ് ഇതിന്റെ പരമാർത്ഥമായ സത്യം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ശ്രമിക്കുന്നു പക്ഷെ ആത്മബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയും നിരാശപ്പെടേണ്ട കാര്യമില്ല അത് അതിന്റേതായ പ്രയോജനം അന്തക്കാലത്തെ ശുദ്ധമാക്കുന്നു ബുദ്ധി ഏകാഗ്രമാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതും ഇതിൽ വെളിപ്പെടുത്തുന്നു അതിന്റെ അർത്ഥം ബഹുബി വളരെ പേർക്ക് യഹ ഈ ആത്മാവ് ശ്രവണായ അതി കിട്ടുന്നില്ല ബഹവ വളരെ പേർ ശരണം ബഹാവി കേൾക്കുന്നവരായിരുന്നു കൂടി എം യാത്മാവിനെ ഇന്ന വിദ്യുഹു അറിയുന്നില്ല അശ്വക്ത ഈ ആത്മാവിനെ കുറിച്ച് ശരിയായി പറയുന്നവൻ ആശ്ചര്യ അപൂർവമാണ് അശുലബ്ധ ഇങ്ങനെ കുശലാനുശിഷ്ട ഇതിനെ നേരുന്നവനും ആശ്ചര്യാദമാണ് കുശലാനുശിഷ്ട വിപുണനായ ഒരാചാര്യനാൽ ഉപദേശിക്കപ്പെട്ടാൽ ആശ്ചര്യജ്ഞത അപൂർവം പേർ ഇതിനെ അറിയുന്നു ചിന്യമാനോ ഗതിരത്രം ക എന്തുകൊണ്ട് ഇത് വളരെ അപൂർവമായിരിക്കുന്നു എന്തുകൊണ്ട് അപരേണ പ്രോക്ത സുവിഘ്നേയ ബഹുധ ചിന്യമാന അനയക്കോട്ടെ ഗിരി അത്രയാക്കം അണു പ്രമാണത് നരേനേണ പ്രോക്തീഷ യയോ ബുദ്ധാചндиമാനഃ അലണ്യേ പ്രോതേ യതിരത്രലോചി തനീയൻ സതരക്യം ഉലക്തമാനാ തലിയ സതരക്യം ഉലക്തമാനാ ഈ ഖതരക്യം ഇതിനനേ ഖതരക്യം കർഷൻ എന്തുകൊണ്ടാണ് ഇത്രയും അപൂർവമായിരിക്കുന്നത് ശ്രോതാവും വാതാവും എന്ന അപൂർവമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറയുന്നു നഹി നരേണ മനുഷ്യേന അവരേണ പ്രോക്ത അവരേണ ഹീനേന പ്രാകൃത ബുദ്ധിനം അവരേന നരേണ ഇവിടെ ഉപദേശിക്കുന്ന ദേവനാണ് യവദേവനാണ് എവദേവൻ പറയുന്നു അവരേണ നരേണ മനുഷ്യേന അവരനായ മനുഷ്യൻ മനുഷ്യനാണ് ഇത് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരേനാണ് പറയുന്നു പ്രാകൃതബുദ്ധിനാണ് പ്രാകൃത ബുദ്ധിയാണ് മനുഷ്യൻ ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ ആത്മതത്വത്തെ പ്രാകൃതനായി ഒരു മനുഷ്യനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ എം ത്വാം മാം പരിസ്ഥസി ഇതിനെക്കുറിച്ചാണല്ലോ നീ എന്നോട് ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സന്നിധിജ്ഞേയ തിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല വിജ്ഞാനം സത്യ അറിയാൻ കഴിയത്തില്ല എന്നാണ് മനുഷ്യരൂപത്തിലുള്ളവരോ മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യൻ അതിൻ്റെതായ പരിമിതിയോ മനുഷ്യ ശരീരത്തോടു കൂടി ഇരിക്കുന്നവരാണ് അതിന്റേതായ പരിമിതികൾ കാരണം മനുഷ്യ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ജീവഭാവമാണ് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അവിദ്യ തുടങ്ങിയ ദോഷങ്ങളുണ്ട് ജാഗദ്വേഷങ്ങളുണ്ട് അനേക അനേക ജന്മങ്ങളുടെ സംസ്കാരങ്ങളുണ്ട് ഇങ്ങനെയുള്ള ദോഷകനുഷിതമായ അന്ധകരണത്തോടുകൂടി ഇവനെയാണ് മനുഷ്യനെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇവനെ ഉപയോഗിച്ചു വരില്ല അതിൽ തന്നെ ചിത്തശുദ്ധിയുടെ ഏറ്റക്കുറച്ചയുടെ അനുസരിച്ച് മനുഷ്യൻ്റെ വ്യത്യാസങ്ങളാണ് അങ്ങനെയുള്ള മനുഷ്യർ ഇത് മനസ്സിലാക്കി ഉപദേശിച്ചു കഴിഞ്ഞാൽ നഹി സുഷ്ടു സമയക് വിജ്ഞയഹ വിജ്ഞാനം സത്യ ഇത് ശരിയായ രീതിയിൽ ഇതിനെ അറിയാൻ സാധ്യമല്ല കേൾക്കുന്നവന് പറയുന്നവന് ഇതിന് ശരിയായ രീതിയിൽ ധരിക്കാൻ സാധ്യമല്ല മനസ്സിലാക്കാൻ ഇത് സാധ്യമല്ല എന്ന എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഈ ആത്മതത്വത്തെ ഒരിക്കലും ശരിയായി ഗ്രഹിക്കാൻ തന്നെ കഴിയുന്നില്ല ശരിയായി ഉപദേശിക്കാൻ പറ്റും ശരിയായി ധരിച്ചാലും ഇതിനെ ഉപദേശിക്കാൻ പറ്റും അതാണ് പറഞ്ഞത് ആശ്ചര്യമാണ് അപൂർവമാണ് നോക്കണം അതിനാണെങ്കിൽ ഈ ആത്മവിദ്യ ഒരിടത്തും ശരിയായി പ്രകാശിക്കപ്പെടാതെ വരും ആർക്കും ഇത് ശരിയായി ഗ്രഹിക്കാൻ കഴിയാതെ വരും അതിനാണ് അടുത്ത സമാനം പറയുന്നത് വിശ്വത്തെ വിജ്ഞ വിശുമാ എന്തുകൊണ്ട് ബഹുദ്ധ അസ്ഥി നാസ്തി കർത്ത അകർത്ത അശുദ്ധ വശുദ്ധ ഇത്യാദി അനേകഥാ ചിന്തിയമാനഹ വാദിക്ക് ഈ മനുഷ്യർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് വാദികൾ വധിക്കുന്നവർ ഇതിനെക്കുറിച്ച് പറയുന്നവർ ഇതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നു ബഹുധ ഫല പ്രകാരത്തിൽ ചില പറയുന്നു അസ്ഥി ശരീരാകൃഷ്ടമായ ഒരു ആത്മാവുണ്ടെന്ന് പറയുന്നു ചില പറയുന്നു നാസ്തി ശരീരം തന്നെ ആത്മാവെന്ന് പറയുന്നു ആത്മാ എന്ന് പറയുന്നത് ശബ്ദത്തിന് ശരീരം എന്ന് ഉറപ്പുണ്ട് ഈ ശരീരം തന്നെ ആത്മാവെന്ന് പറയുന്നത് ചിലത് പറയുന്നു കർത്താവാണ് ഈ ആത്മാവാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതും പുണ്യപാദങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതും മറ്റു ചില പറയുന്നു അകർത്താവാണ് ഇത് അങ്ങനെയൊന്നും ഉള്ളതല്ല ഇതൊന്നും പ്രവർത്തിക്കുന്ന ഇതാണെന്ന് പറയുന്നത് ചെതുപറയുന്നു ആത്മാവ് ശുദ്ധമാണെന്ന് പറയുന്നു ചെതു ഇതാണ് പറഞ്ഞു മനുഷ്യന്റെ ബുദ്ധിപ്രാവണമാണ് ആത്മ അവന്റെ യഥാർത്ഥ സ്വരൂപത്തെ ശ്രുതി വെളിപ്പെടുത്തിയിട്ടും മനുഷ്യനത് ശ്രവിച്ചിട്ടും അവൻ ആ ആത്മാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇത്യാദി അനേകഥാ ചിന്തി ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തിയാലും അവനെ ശ്രവിച്ചിട്ട് ആത്മാവിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുന്നത് അവനവന്റെ രീതിയിലാണ് ഇതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ പ്രാകൃത ബുദ്ധിയാണ് അങ്ങനെയാണെങ്കിൽ കഥം പുനഃസ്വദിക്കാൻ എങ്ങനെയൊന്നും ശരിക്കറിയാൻ പറ്റും മനുഷ്യനല്ല ഈ രീതിയിലാണ് ആത്മാവിനെ കുറിച്ച് പറയുന്ന വിഷയത്തെ പറയുന്നു അതിന് വയ്യുണ്ട് പറയേണ്ടതാണ് അനന്യപ്രേ അനന്യ അപൃഥക് ദർശന ആചാര്യൻ പൃഥക് ദർശിയല്ലാത്ത ഒരാചാര്യൻ പൃഥക് നേരെ കാണാത്തവൻ തന്നെ നിന്ന് അന്യമായി ആത്മാവിനെ കാണാത്തവൻ അങ്ങനെയുള്ള ആചാര്യനോട് അപൃഥക് ദർശിയായ ആചാര്യൻ ഇത് അദ്വൈത ഭാവത്തെ ആത്മാവിന്റെ അദ്വൈത ഭാവത്തെ അറിഞ്ഞു പ്രദേശിക്കുന്നവൻ അങ്ങനെ അപൃഥക് ദർശി ആത്മാവ് വേറെയാണ് ഈശ്വരൻ വേറെയാണ് താൻ വേറെയാണ് എന്ന് പറയുന്നവൻ പൃഥ്വിദർശി അനന്യഭാവത്തെ മനസ്സിലാക്കി ഉപദേശിക്കുന്ന ആചാര്യൻ പ്രതിപാദ്യ പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മം താൻ തന്നെയാണ് പ്രതിപാദ്യ ബ്രഹ്മ ആത്മഭൂതേന പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മം താൻ തന്നെയാണ് എന്ന് പറയുന്നവൻ അങ്ങനെയുള്ളവനാണ് പ്രോക്തേക്തേ ും അങ്ങനെയുള്ളവൻ ഈ ആത്മാവിനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ആദ്ദേഭാവത്തിൽ യാതൊരു സംശയമില്ലാതെ അതും നിശ്ചിതമായും ബുദ്ധിയോട് കൂടിയു ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ആ തന്നെ എന്ന് അതാണ് അനന്യപ്രവക്ത എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നത് അനന്യപ്രോക്തമായിരിക്കുന്ന ആത്മാവ് തന്നിൽ നിന്നാണ് അല്പവും ഭേദം കല്പിക്കാതെ ആ പരമാത്മാവിനെ താനായി തന്നെ സാക്ഷാത്കരിച്ച് തി അങ്ങനെയുള്ള അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ മുത്തേ ആത്മനിഗതി അത്ര നാസ്തി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗതി അനേകത അസ്ഥി നാസ്തി ഖ്യാതിലക്ഷണ ചിന്താഗതി അനേക തരത്തിലുണ്ട് ഇല്ലാ കർത്താവണ കർത്താവണം ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളൊന്നും തന്നെ അവിടെ കാണത്തില്ല അത്ര ആത്മനി നാലാഗതികളൊന്നും നാലാ ചിന്തകൾ അവിടെ ഇല്ല അങ്ങനെയാണ് ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അത്ര അന്യസിന്യമായതിന്റെ മറ്റൊന്നും അവിടെ ഇല്ല തനൊന്ന് അന്യമായി ഒരു പരമാത്മാവിനായ പ്രതിപാദിക്കുന്നില്ല അന്യസ്യഭാവ അറിയേണ്ടതായ മറ്റൊരു ആത്മതത്വം അവിടെയില്ല തന്നതൊന്നും നേരത്തൊന്നുമില്ല അതെന്താണ് ജ്ഞാനസഹി ഏഷാ പരാമിഷ്ഠ ഇതാണ് ജ്ഞാനത്തിന്റെ പരമമായ ഇത് ആത്മീകത്വ വിജ്ഞാനം ആത്മീയത്വജ്ഞനന്യപ്രവൃത്തി ഗതിരത്ര നാസ്തി മറ്റൊരു ഗതിയില്ല അവിടെ ആത്മീകത്വ വിജ്ഞാനം പിന്നീട് എത്തിച്ചേരേണ്ടതായിട്ട് ഏത് സ്ഥലമില്ല ഗന്ധവുമില്ല അല്ലാതെ എതിരത്ര അവശേഷിതേ സംസാരഗതവാ മറ്റൊരു ഗതിയില്ല അല്ലെങ്കിൽ സംസാരഗതിയില്ല മറ്റൊന്നും പ്രാപ്യമായിട്ടില്ല അനന്യ ആധ്വനിക് പ്രോക്തെ അനന്യമായി ആത്മാവിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്യമല്ലാതെ ആത്മാവിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ നാന്തരീകത്വ വിജ്ഞാനഫലസ് മോശസ് വിജ്ഞാനഫലമാകുന്ന മോക്ഷം അത് നാന്തരീകമാണ് അവശ്യംഭാവിയാണ് ഞാനുണ്ടായാൽ മോക്ഷം സംഭവിച്ചിരിക്കണം ഞാനുണ്ടായി മോശം സംഭവിക്കാതിരിക്കത്തില്ല ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അന്യവരിയില്ല അവന് മോഷം ഇല്ലാതെ വരുന്നില്ല അവന് മോഷ്ട മനസ്സുമുണ്ടാവുന്നു എന്ന് മറ്റൊരു തരത്തിലെ അനന്യ പ്രവർത്തി എതിരത്ര മാസം വ്യാഖ്യാനിക്കണം അതിന്റെ താല്പര്യം ഒന്നും തന്നെ അഥവാ ബ്രഹ്മൂതേന ആചാര്യേന ആത്മാവ് ആ പരമാത്മാവ് താൻ തന്നെ എന്ന് ബോധുവൻ അനന്യതായ പ്രൊത്ത് അഭിന്നമായ അയാൾ ഉപദേശിക്കുകയാണ് ആ പരമാത്മാവ് താൻ തന്നെ എന്നിങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആത്മനി അഗതി അങ്ങനെടുക്കാം പലവബോധു അപരിക്കാനും അത്ര അസ്ഥി പിന്നെ അവനും അജ്ഞാനം ദേശവും ശേഷിക്കുന്നില്ല അനന്യപ്രെ അഗതി അങ്ങനെയും എടുക്കാം എല്ലാത്തിനും താല്പര്യമൊന്നു തന്നെ അവനെ ആത്മാഅഭിന്നമായി ഈ ആത്മതത്വത്തെ സ്വാഭിന്നമായി ആത്മതത്വത്തെ അറിഞ്ഞ് ഉപദേശിക്കുന്നവന് അവനിൽ പിന്നെ അജ്ഞാനമില്ല ഭവത്യേവ അവഗതിഹി തദ്വിഷയ ശ്രോതുകൊ അഹമിത് ആചാര്യശിക്കുക അങ്ങനെ ഒന്നിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഭവത്യേവ അവഗതിഹി ശ്രോതാവിനും ജ്ഞാനം ഉണ്ടാവും തദ്വിഷയ ആത്മാവിനെ സംബന്ധിച്ച് തത് അനന്യോ അഹം ഞാൻ ആ പരമാത്മാവിൽ നിന്നും അനന്യനാണ് അന്യനല്ല ആചാര്യശിവ ആചാര്യനെ പോലെ ആചാര്യൻ എങ്ങനെയാണ് ബോധം ഉണ്ടാകുന്നത് അങ്ങനെ ശിഷ്യനും ബോധം ഉണ്ടാവുന്നു അനന്യഭാവമാണ് ഇവിടെ വേണ്ടത് ദ്വൈതബുദ്ധിയല്ല ദ്വൈതചിന്തയല്ല അദ്വൈത ബോധമാണ് ഉണ്ടാവേണ്ടത് അതാണ് ഇവിടെ ഈ അനന്യപ്രവത്തെ യതിരസന ആത്മാഗമ അനന്യതയാത്മാവ് സ്വീകരിക്കുന്നതിനാകും ആഗമകഥ ആചാര്യ ശർതമായ ജ്ഞാനം ശ്രുതിയിൽ നിന്നുള്ള ജ്ഞാനം ആ ജ്ഞാനമുള്ള ആചാര്യനാൽ അനന്യതയാ അനന്യമായി ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതര അങ്ങനെ അല്ലെങ്കിലോ അണിയാൻ അണുതരഹ അണുപ്രമാണപരിസമ്പത്തിന്റെ ആത്മാ ആത്മാവ് അണിയാൻ അണുകരമാകുന്നു സൂക്ഷ്മമാകുന്നു ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു ആത്മാവ് വ്യക്തമാകുന്നില്ല എന്തുകൊണ്ട് അതിന്റെ സ്വരൂപം തന്നെ സൂക്ഷ്മമാണ് അനന്യമായി അത് ഉപദേശിക്കുകയും അനന്യമായി അവനെ മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ ആത്മാവ് തന്നെ നോക്കുന്നു എന്നുവെച്ചാൽ അവന് ഗ്രഹിക്കാൻ കഴിയാതെ തന്നെ ഇരിക്കുന്നു ചിന്തിക്കാൻ കഴിയത്തില്ല അണുത്രമാണോ അതർക്കഹ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ അവനെ ഊഹിക്കാൻ കഴിയുന്നില്ല സ്വബുദ്ധി അഭ്യൂഹേന കേവലേന കേവലമായ തർക്കം കൊണ്ട് യുക്തിചിന്ത കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല തർക്കമാണ് അണുപരിമാണേതെ ആത്മനി തരം അന്യു അഭിമുഖി തോ അണുര സ്വരം തർക്കത്തിലൂടെ അതിനെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലോ തർക്കമാണ് അണുപരിമാണ് പറയുന്നത് അതി സൂക്ഷ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപിത ചിലർ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്ഥാപിതരം മറ്റൊരാൾ പറയും അതിനും അത് സൂക്ഷ്മ അദ്ധ്യൂഹതയും കേവലം തർക്കത്തിലൂടെ അതിനെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ തഥയൊക്കെ അന്യമാണ് നേരം അതിനെക്കാൾ സൂക്ഷമാണെന്ന് മറ്റൊരാൾ പറയും തർക്കി തർക്കത്തിന് അവസാനം ഒരടക്കമില്ല അതുകൊണ്ട് തർക്കത്തിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാനും പറ്റത്തില്ല അതർക്കമാണ് തർക്കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അണുപ്രമാണ അത് അത്യധിക സൂക്ഷ്മമാണോ തർക്കിക്കുമ്പോഴും അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായി പോകും അതുകൊണ്ടുതന്നെയാണ് നേരത്തെ പറഞ്ഞത് പറയുന്നത് കുശ്വല അനുശിഷ്ട ജ്ഞാത നിപുണനായ ഒരാചാര്യൻ അനന്യമായ ഭാവത്തിൽ അതിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ പരിശിഷ്യം അതിനഗ്രഹിക്കണം അതിനപ്പുറം കേവലമായ തർക്കത്തിലൂടെ ഊഹാപൂഹത്തിലൂടെ ഒരാൾ ആത്മാവിനെ അറിയാൻ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് സൂക്ഷ്മ സൂക്ഷ്മകരമായിരിക്കുകയുള്ളു ഒരിക്കലും ആത്മാവ് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല അത് പറഞ്ഞ ആഗമവത്ത ആചാര്യൻ ആഗമവത്തായ ആചാര്യം എന്തോന്ന് പറയുന്നു ആത്മതത്വത്തിന്റെ ശരിയായ സ്വരൂപം ആഗമങ്ങളിൽ സ്വകങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ശ്രീയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആത്മാവിന്റെ അനഞ്ഞ ഭാവമാണ് അദ്വീയ ഭാവമാണ് ഈ ഭാവത്തെ അറിഞ്ഞു വരുവൻ അതേ രീതിയിൽ ഇതിനെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഒരാൾക്ക് ഇതിനെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അനസ്വ ബുദ്ധി സാമർഥ്യമുണ്ട് ഒരാൾക്ക് ഈ ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല അത് സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മമായിരിക്കും അതുകൊണ്ട് മനുഷ്യനവന്റെ ബുദ്ധി സാമർഥ്യമുണ്ട് ഈ ആത്മാവിനെ അറിയാം എന്ന് കരുതുന്നു അത് ഇനിയും പറയും ഒരിക്കലും അവനെ അറിയാൻ കഴിയത്തില്ല മറിച്ച് ആത്മബോധമുള്ള ശരിയായ ഒരു ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഈ ആത്മാവിനെ അറിയാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇത് പറയുന്നത് പിന്നെ അവൻ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആത്മാവിനെ കുറിച്ച് വിരുദ്ധങ്ങളായ സങ്കല്പങ്ങളായിരിക്കും അയാൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അറിയാൻ കഴിയില്ല എന്ന് ആത്മാവിനെ കുറിച്ച് പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ടാവും ആത്മാവിന്റെ അനന്യഭാവം അറിയാൻ കഴിയത്തില്ല ആത്മാവിന്റെ അനന്യഭാവത്തെ ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് ആചാര്യന്മാരിൽ നിന്ന് ഗ്രഹിച്ചത് മനസ്സിലാക്കണം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് बुध फल प्रकार चिंत्य चिंयाव अवरेण नरेण प्राकृतबुद्धिया मनुष्य प्रोक्त പറയപ്പെട്ടാൽ നസ്വിജയ എളുപ്പത്തിൽ ഗ്രഹിക്കപ്പെടുന്നില്ല അനിയപ്രത്തെ ആത്മാഭിന്നമായി ഇവിടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ സംബന്ധിച്ച് ഗതി നാസ്തി സംസാരം അവശേഷിക്കുന്നില്ല സംസാരഗതി അവശേഷിക്കുന്നില്ല അങ്ങനെ അല്ലായും സൂക്ഷ്മമായിരിക്കും ഗ്രഹിക്കാൻ കഴിയില്ല അണുപ്രമാണ അതർക്കുക അതിസൂക്ഷ്മമായിരിക്കുന്നത് കൊണ്ട് തർക്കത്തിലൂടെ ഇതിനെ അറിയാൻ കഴിയില്ല പണം അത്യധികം സൂക്ഷ്മമായതിനാണ് ിൽ പറയുന്നത് ഗുരു ഉപദേശം കൊണ്ട് മാത്രമേ ആത്മതത്വത്തെ അറിയാൻ കഴിയത്തുള്ളൂ സ്വബുദ്ധി സാമർത്ഥ്യം കൊണ്ട് അറിയാൻ കഴിയത്തില്ല എന്നാണ് ഗുരുവിനെ ഈ ആത്മാവിന്റെ അനന്യഭാവത്തെ ഗ്രഹിച്ച് ഉപദേശിക്കുന്നവരുണ്ട് ആ ബ്രഹ്മാത്മഭുതനാണ് ആ പരമാത്മാവ് താൻ തന്നെ എന്ന ബോധമുള്ളവരുക ഇതിനെ ഉപദേശിച്ചാൽ മാത്രമേ ഇതിനെ ശരിക്കും ജയിക്കാൻ കഴിയത്തുള്ളൂ ശ്രീജ്ഞയുമായിരിക്കത്തുള്ളൂ അല്ലാതെയുള്ള മലനങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ആത്മബോധം ഉണ്ടാകത്തില്ല എന്നാണ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു അടുത്ത മന്ത്രത്തിൽ തർക്കേണമതിരാധനേയോക്ത അന്യനീവ്ഞാനായ പ്രേഷ്ഠം സത്യദൃതാസി नचिपे प्रश्ठ ना तर्केण मापनेोक्ता अव्ञा याम तुम प्रेषापतिधृति ब्रत असीदृक् नो नुमत नूया नचिचेद प्रथ തർക്കണ മതിരാപനേയ പ്രോക്താ ആപ സത്യദൃർബത്ത യാ സത്യദ്രദാസ്വാദ്രോ ഭൂയാന്നിക്േത അതോ അനന്യോക് ആത്മനി ഉത്പന്നഗമ പ്രഭവാമ അത അനന്യോക്തേ ആത്മനി അനന്യ ഉപദേശിക്കപ്പെട്ട ഈ ആത്മാവിൽ ഉത്പന്നമായ ആഗമപ്രഭവം മതി ആഗമം ഉപദേശം ദുരുപദേശം അതിൽ നിന്നും പ്രഭവം ഉണ്ടാകുന്നതായ ബോധം ആഗമപ്രഭവമാണ് ഈ ആത്മബോധം എന്നിട്ട് ദുരുപദേശത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആഗമത്തിന് ശ്രുതി ദുരുപദേശം എന്നൊക്കെ അർത്ഥമാണ് ഗുരുപദേശത്തു നിന്നുണ്ടാകുന്നതാണ് ഈ ആത്മബോധം അതാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് സ്വയം യഥാർത്ഥം ചിന്തിച്ചതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സാധ്യമല്ല അതെങ്ങനെ അനന്യപ്രോക്തി ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഒരു ഉപദേശിച്ചാൽ മാത്രമേ അതിനെ ശരിയായി അറിയാൻ കഴിയത്തുള്ളൂ അങ്ങനെയാണ് ഈ ആത്മബോധം മതിഹി നീഷ തർക്കേണ ഇത് തർക്കത്തിലൂടെ സ്വബുദ്ധി അഭ്യൂഹ മാത്രേണ് കേവലം തന്റെ ബുദ്ധിയൊണ്ടുള്ള ഊഹാപോഹത്തിലൂടെ ആപനീയ നാപണീയ ബുദ്ധിയെ നേടാൻ കഴിയത്തില്ല ഇത്യർത്ഥ അപനീതവ്യാണ് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങനെ തണുക്കളയാനും പറ്റത്തില്ല ഉപഹന്തവ്യ എന്താണോ ആത്മാവ് യഥാർത്ഥമായിരിക്കുന്നതിന് തിരസ്ക്കരിക്കാനും ഒരാൾക്ക് പറ്റത്തില്ല ആത്മാവിനെ തിരസ്കരിക്കാനും വരാതെ സാധ്യമല്ല അതിനെ ഉൾക്കൊള്ളാനും ശരിയായ ദുരുപദേശമില്ലാതെ സാധ്യമല്ല എന്തുകൊണ്ടങ്ങനെ പറയുന്നു താർക്കിക അനാഗമജ്ഞ സ്വബുദ്ധി പരിവൽത്തിതം യുന്തിവ കൽപ്പയടി താർക്കികന്മാർ അനാഗമജ്ഞ ശ്രുതി അറിയാത്ത സബ ബുദ്ധി വരിക അവനവന്റെ ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്ന ഈ പിഞ്ചുദേവ എന്തെങ്കിലും ഒന്നാണെന്ന് കർത്ത ഇന്ത്യ ആത്മാവിനെ കുറിച്ച് അവനവന്റെ ബുദ്ധി കൊണ്ട് എന്താണോ ആത്മാവിനെ കുറിച്ച് ഒന്നാണ് ആത്മാവ് പറയുന്നത് അതെയവ്ര അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബോധം ആത്മബോധം എന്ന് പറയുന്നത് എന്താണ് ആഗമപ്രഭൂത ആഗമത്തിൽ നിന്ന് ഗുരുപദേശത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത് അന്യമ അഭിജ്ഞന ആചാര്യ താർക്കിക താർക്കികനല്ല മനസ്സ് ആഗമാധിജ്ഞേനെ ശ്രുതിയെ അറിയുന്നവൻ അങ്ങനെയുള്ള ആചാര്യൻ തന്നെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടത് പ്രോക്താ സതി ശ്രുതിയുടെ സാരത്തെ അതായത് ശ്രുതിയുടെ ഉപദേശം തുടങ്ങി ഈ ആത്മാവിന്റെ അർദ്ധ ഭാവം അതാണ് ശ്രുതിയുടെ ഉപദേശവും ഇതിന് അറിഞ്ഞ ഒരാചാര്യൻ എന്നാണ് ശ്രുതിയുടെ ഉപദേശിക്കുന്നത് നമ്മളങ്ങനെ വേദം ചൊല്ലിപ്പടിച്ചാണ് വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ആ തത്വത്തെ കാരണം വേദത്തെ ചൊല്ലിപ്പടിക്കുന്നവർക്കെല്ലാം ഈ ബോധം ഉണ്ടാവുന്നില്ല വേദപഠനങ്ങൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആ വേദത്തിൽ പ്രതിപാദിക്കുന്ന ആ തത്വം ആ തത്വത്തെ ഗ്രഹിക്കാത്തത് ആ കേവല കാർത്തികനായിരിക്കും കാർത്തികൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നില്ല വേദം പഠിക്കുന്നതിന് അതിനൊരു ബോധം ഉണ്ടാകുന്നില്ല വേദം പഠിക്കുന്നവരാണ് കർമ്മകാണ്ഡത്തിനും മറ്റും വേദം പഠിച്ചതുകൊണ്ടൊരാൾക്ക് ഈ പറയുന്ന ആത്മബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല ഉണ്ടാകാറുമില്ല മനസ്സ് ആരാണോ അവന്റെ ആത്മാവ് അദ്വൈ ഭാവത്തെ അറിയുന്നത് അതിനാണ് ഇവിടുത്തെ ആഗമാധിജ്ഞ അങ്ങനെയുള്ള ആചാര്യൻ പ്രോക്താ സതി അതിനുള്ള ആചാര്യ ഉദ്ദേശിച്ചാൽ ഋഷിജ്ഞാനായ ഭവതി ശരിയായി ഹരിക്കാൻ കഴിയും ഹേ പ്രേഷ്ഠ പ്രിയതമ പ്രിയപ്പെട്ടവനെ എന്ന് നദികം പറയുകയാണ് ആരാണ് ആ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിരിക്കുന്നത് എന്നാ എല്ലാ വേദങ്ങളും അധ്യയനം ചെയ്യാനും അവർക്ക് ആത്മബോധം ഉണ്ടാവണമെന്നുണ്ട് നാല് വേദങ്ങളും പഠിച്ചിട്ട് ആത്മാവിനെ നിഷേധിച്ച് വൈദികമായ യാദം കോപങ്ങളെല്ലാം ചെയ്തു കഴിയുന്നവരാണ് ഗുരുവർഷന്റെ അതുകൊണ്ട് വെറും വേദ അധ്യയനം അത് ഉപയോഗിക്കത്തില്ല വേദ താൽപര്യത്തെ ആഗ്രഹിക്കുന്നു ആ വേദ താല്പര്യത്തെ അറിഞ്ഞിരിക്കുന്ന മുഴുവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആഗമപ്രസഭൂത മതി ആഗമത്തിൽ നിന്നും ഉണ്ടായ മതി ആ ബോധം അത് തർക്കത്തിലൂടെ ബന്ധത്തില്ല തർക്ക അഗമ്യ മതി അർത്ഥം കൊണ്ട് ഗ്രീക്ക് അമ്മിയതെന്താണെന്ന് ചോദിച്ചത് ആപ പ്രാതാണ് നിനക്ക് ഉണ്ടാകാൻ പോകുന്ന ബോധം അതെ ത്വം മതിൻ നിനക്കുണ്ടാകുന്ന ബോധം മദ്വരപ്രധാനി എന്റെ വരപ്രധാനത്തിലൂടെ ആപഹ അമീത അത് നേടിയിരിക്കുന്നു പ്രാപ്തമാണ്സ് നീ ഒന്ന് നേടിയിരിക്കുന്നു എന്നാണ് ആ ബോധത്തെ നീ നേടിയിരിക്കുന്നു എന്നാണ് ഇവിടെ നദികേദസം ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ യമദേവന്റെ അടുത്ത് വന്നിട്ട് ചികിത്സ മനുഷ്യൻ എന്നുള്ള ചോദ്യങ്ങൾ നവീകേശനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിയാതെ കാരണം നീ നഗർമാധർമ്മക്ക് എല്ലാം ഉപരിയായിരിക്കുന്ന പരമാത്മതും അങ്ങനെ ഒരു ബോധം നജികേശനം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ എന്നാലും ആ ഒരു ശിഷ്യ സമ്പ്രദായത്തിന്റെ നിയമത്തെ പരിഹാരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചോദിക്കുകയാണ് എന്താണ് ആത്മതത്വം അറിയാതെ ചോദിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അതെന്നു പറയുന്നു എന്താ അവരുടെ പ്രധാനത്തിലൂടെ ആ അറിവിനെന്തെങ്കിലും വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിക്കുന്നത് അറിയാതെ ചോദിക്കുന്നതിന് നീ അത് നേടിയിരിക്കുന്നു എന്നുവെച്ചാൽ അതിന്റെ പൂർണ്ണതയും നീ നേടിക്കഴിഞ്ഞിരിക്കുകയാണെന്നാണ് എന്തുകൊണ്ട് സത്യ ആ വിദഢ വിഷയ നിശ്ചയല്ലാത്ത ധൃതി നിശ്ചയം ധൈര്യം ധൃതിക്ക് ധൈര്യം എന്നാണ് അർത്ഥം ഇവിടെ നിശ്ചയം സത്യ നിശ്ചയം യേശ്യഥവാ അതുള്ളവനാണ് നീ സത്വം സത്യധൃതയും നീ സത്യനിശ്ചയമുള്ളവനാണ് നിന്റെ നിശ്ചയത്തിന് നീ അൽപ്പം ദൂരം പിന്മാറിയ അങ്ങനെയുള്ള ദൃഢനിശ്ചയമുള്ളവനാണ് നീ ബദാസി അനുകമ്പ്യ അനുകമ്പ്യോടുകൂടി കൃതയോടുകൂടി പറയുകയാണ് നീ ഈ വിദ്യ പ്രാപിക്കുന്നതിന് എന്തുകൊണ്ട് യോഗ്യനാണ് കാരണം നിനക്ക് ആ സത്യനിഷ്ഠമുള്ളവനാണ് മൃത്യു നഗീരസം മൃത്യു നഗീരസിനോട് പറയുകയാണ് ലക്ഷ്യമാണ് വിജ്ഞാനസ്തുതി ഇനി പറയാൻ പോകുന്ന ആ വിജ്ഞാന സ്തുതിക്കുന്നതിനു വേണ്ടി പറയുകയാണ് നീ ആ വിജ്ഞാനം നീ അത് നേടിക്കഴിഞ്ഞു എന്നു എന്നു പറഞ്ഞാൽ അതിന്റെ നീ ഉടനെ ഗ്രഹിക്കാൻ പോവുകയാണ് പക്ഷെ നിന്നെ സംബന്ധിടത്തോളം ഗ്രഹിച്ചതിന് തുല്യം ആയി കഴിഞ്ഞു എന്നാണ് എന്തുകൊണ്ട് ായിപ്പനോട് എന്താണ് പുത്രനോ അല്ലെങ്കിൽ ശിഷ്യനോ ഉണ്ടാകാനാണ് ഏതൊരു ഗുരു അല്ലെങ്കിൽ ഒരു പിതാവും ആഗ്രഹിക്കുന്നത് അതിനെ പറയാം ഭൂയ ഭവിച്ചെ അന്യഹ പുത്രോ ശിഷ്യോ വ യോഗ്യനായ ഒരു ശിഷ്യൻ യോഗ്യനായ ഒരു ഗുരുവിന് യോഗ്യനായ ഒരു പുത്രൻ ഒരു പിതാവിനും ഉണ്ടാവുന്ന സന്തോഷങ്ങളായിരുന്നു യാതൃത്വം ഹീ നദികേത അല്ല നവീകരിൻ നിന്നപ്പോലെ ഉണ്ടാവട്ടെ എന്ന് പറയുക ഒരു ഗുരുവിന് നിന്നപ്പോലെ ഒരു ശിഷ്യനും ഒരു പിതാവിന് നിന്നപ്പോലെ ഒരു പുത്രനും ഉണ്ടാവട്ടെ എന്ന് യമദേവൻ ഇവിടെ അർപ്പിക്കുകയാണ് മുഴുവൻ അത് നവീകനും ഈ വിദ്യയും സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും ശ്രേഷ്ഠമായ ഈ വിദ്യയെ അത്രയും യോഗ്യനായ ഒരു ശിഷ്യൻ പ്രാപിക്കും എന്നുള്ള സന്തോഷം കൊണ്ട് പറയുകയാണ് അതുകൊണ്ടി ബോധം ഒരിക്കലും കേവലമായ ഊഹത്തിലൂടെ തർക്കത്തിലൂടെ ഒന്നും നേടാൻ കഴിയത്തില്ല മറിച്ച് ഏറ്റവും യോഗ്യനായ ഒരു ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും യോഗ്യനായ ഒരു ശിഷ്യന് അതിന്റെ പൂർണ്ണവിദ്യ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി നടത്തിക്കുകയാണ് അല്ലാതെ കേവള സ്വബുദ്ധിയെ ആശ്രയിച്ച് ഇതിനെ ആരും നേടാൻ പരിശ്രമിക്കരുത് അത് അസാധ്യമാണ് ഗുരുവിന്റെ സഹായം കൂടാതെ ഗുരു എങ്ങനെ വരണം അതെല്ലാം ശിഷ്യൻ ഏത് അനുസരിച്ചിരിക്കും ഗുരു ഏത് രീതിയിൽ വരുന്നു ഏത് രീതിയിൽ ഉപദേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും അത് ഇതിൽ കൂടിയേ ചെയ്തു ഒരു ഗുരുവിന്റെ സാന്നിധ്യം കൂടാതെ ആർക്ക് ബോധം ഒരിടത്തും ഉണ്ടാകത്തില്ല ആർക്കും ഉണ്ടായിട്ടും ഇല്ല എന്നറേ പറയുന്നത് അത് ചെറുതെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായി ഒരു ഗുരുവെന്ന് ആ രീതിയിൽ ഉപദേശം കൊടുക്കേണ്ട ആവശ്യം മനസ്സിലായിരിക്കും പ്രകൃതി ചെയ്യുന്ന ഗുരുവായി വരും അതുകൊണ്ട് ഈശ്വരൻ തന്നെ ആന്തരികമായി ഉപദേശം നൽകിയിരിക്കും അത് വേറെ എന്തായാലും അവിടെ ഒരു വിദ്യ എന്ന് പറയുന്ന കൂടെ പറഞ്ഞതുപോലെ എന്താണ് ആഗമപ്രഭയരാണ് ഇവിടെ നിന്നൊരു ഉപദേശം ഈ വിദ്യക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം അത് ഭാഗ്യമായിരിക്കും ആന്തിരിക രൂപത്തിലായാലും ചിലപ്പോൾ മനുഷ്യരായാലും ഇവിടെ ഇപ്പൊ ദേവനാണ് ഉപദേശിക്കുന്നത് ചിലക്ക് മനുഷ്യർ ഉപദേശിക്കും ചിലർക്ക് ദേവന്മാരുപദേശിക്കും ഏതെങ്കിലും തരത്തിലൊരു ഉപദേശത്തിലൂടെ അല്ലാതെ ആ വിദ്യ ഒരിക്കലും പ്രാപ്തമാകത്തില്ല ചിലപ്പോൾ അത് ഈ ജന്മത്തിലായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഓരോ ജന്മങ്ങളിലായിരിക്കും ആ ഉപദേശം ഉണ്ടാകുന്നത് എവിടെയതിനംഭവിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ആ തർക്കത്തിലൂടെ ഒരിക്കലും ഈ ആത്മബോധം ഗൗരവന് എന്നാണ് അതുകൊണ്ടാണ് മഹാത്മാവിളെണ്ണം യുന്നത് ഇത് ഇതെല്ലാം ആ ഉപദേശം മാത്ര ലഭ്യമാണ് അവിടെ തന്റേതായ യാതൊരു തരത്തിലുള്ള സാമർഥ്യവും ഇതെ നേടുന്നതിന് ഉപകരിച്ചിട്ടില്ല കാരണം തന്റെ സാമർഥ്യത്തിലൂടെ നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യനും അഭിമാനം ഞാൻ ഇതിനെ നേടിയെടുക്കും മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കും മോക്ഷത്തെ നേടും എന്ന് അഹന്തയെ മുൻനിർത്തിയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യ ആചാര്യന്മാരെ പലതരത്തിൽ ഉപദേശിക്കുന്നത് അങ്ങനെ മഹാത്മാക്കളായ ആചാര്യന്മാർ പോലും ഈ വിഷയത്തെക്കുറിച്ച് കഴിയാതെ പറയുന്നത് എന്താണോ ഇതെല്ലാം കേവലം എന്റെ ബുദ്ധിയുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിനെ ഞാൻ നേടി എന്നുള്ള രീതിയിൽ അല്ല സാധാരണ ആചാര്യന്മാര് ഗ്രന്ഥങ്ങളിലും മറ്റു വരുന്ന് കാരണം ബുദ്ധിയുണ്ട് അത് നേടാവുന്ന തോന്നുന്നുണ്ടല്ല എന്നാണ് ശ്രേഷ്ഠ അതിന്റെ അർത്ഥമാണ് പ്രിയപ്പെട്ടവനെ ആത്മബോധം യേശാം മതി ഈ ആത്മബോധം തർക്കേണ തർക്കത്തിലൂടെ നേടാൻ കഴിയില്ല അനന്മീൻ ശ്രുതിയുടെ താൽപ്പര്യത്തിൽ പറയുന്ന ആചാര്യൻ ഉപദേശിച്ച പ്രവക്ത ഉപദേശിച്ചുജ്ഞനായ ശരിയായ ജ്ഞാനത്തിന് ഉതകുന്നു ഇയാൾ അങ്ങനെയുള്ള ബോധത്തെ ശരിയായ ബോധത്തെ നീ ആപഹ നേടിക്കഴിഞ്ഞു സത്യധൃതി ഈ സത്യനിഷ്ഠയുള്ളവൻ ബത ഹസി ആകുന്നുവല്ലോ ലത്തി കേട്ട അല്ലേതസ് നിന്നെപ്പോലെയുള്ള ഒരു ചോദ്യകർത്താവും ലഹ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഭൂയ ഉണ്ടാവട്ടെ ഇവിടെ യമദേവൻ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് വന്നുകൊണ്ട് യോഗ്യന്മാരായ ശിഷ്യന്മാരുണ്ടാവട്ടെ എന്നും ഒരു ഗുതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യോഗ്യന്മാരായ പുത്രന്മാരുണ്ടാവട്ടെ എന്നും ആശിക്കുക ആശംസിക്കുക അവനെ ആശംസിക്കുന്നതുകൊണ്ട് ഈ ബ്രഹ്മവിദ്യയുടെ പരമ്പര ഈ ആഗമ പാരമ്പര്യം അതിങ്ങനെ നിലനിന്നു പോകുന്നു ഒരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഇത് നിലനിൽക്കേണ്ടത് യോഗ്യന്മാരായ ശിഷ്യന്മാരുണ്ടായി നിലവിൽ ഇങ്ങനെ നിലനിന്ന് വിദ്യ പരമ്പര നിലനിൽക്കാൻ അതുകൊണ്ടാണ് അത് അങ്ങനെ ആശംസിക്കുന്നത് അങ്ങനെ ഒന്നുണ്ടാകട്ടെ വിദ്യ പ്രചരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആശിക്കുകയാണ് പുനരവി തുഷ്ടും സന്തുഷ്ടമായി യമദേവൻ പറയുകയാണ്ഹം ശരിത്യനിത്യം ശത്രുവേഹി പ്രാപ്തിദേഹി തോ മചിറ്റേശി അനിത്യ ദ്രവ്യാതെസ്ാ ശി അനിത്യം നി അധ്രുവൈ പ്രാപ്യത്തെ ഹി ധ്രുവം ത ചിപേ ചിത്രീ അഹം ശരി നിത്യം പുനരതിപ്പുഷ്ടം വരെണ്ണ ജനം ഇനി അറിയാം എന്താണ് ശേഷത്തിന് എന്താ നീതി ഇവിടെ എന്താണ് നിധി കർമ്മഫലക്ഷണ കർമ്മഫലം ആകുന്ന ഈ നിധി നിധി രൂപ പ്രാർത്ഥി നിധി എങ്ങനെയാണോ ജനങ്ങൾ നേരിടണമെന്ന് ആഗ്രഹിക്കുന്ന അതുപോലെ അർഹിക്കപ്പെടുന്നത് കൊണ്ടാണ് നിധി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള കർമ്മ ഫല രൂപത്തിലുള്ള ഈ നിധി എന്താണ് അസുഖം അനിത്യം അനിത്യജാനാണ് ഇത് അനിത്യമാണെന്ന് എനിക്കറിയാം കർമ്മഫലങ്ങളെല്ലാം അനിത്യമാണെന്ന് എനിക്കറിയാം എന്തുകൊണ്ട് യസ് അനിത്യേഹിത്യം ധ്രുവും അനിത്യങ്ങളെ കൊണ്ട് നിത്യത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല പരമാത്മാവ് പരമാത്മാവെന്ന് പറയുന്ന അനിത്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നേടാൻ സാധ്യമല്ലാപ്യത കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും ഈ പരമാത്മാവിനെ നേടാൻ കഴിയത്തില്ല അനിത്യസുഖപത്തിലുള്ള അനിത്യീ അനിത്യങ്ങളായ ദ്രവ്യങ്ങളെ കൊണ്ട് വസ്തുക്കളെ കൊണ്ട് അനിത്യസുഖത്തെയാണ് നേരിടുന്നത് മയാ ജനതാ കാര്യങ്ങളെല്ലാം അറിയാവുന്നവനാണ് ഞാൻ എങ്കിലും ജ്ഞാനം ചെയ്തു നിത്യം അനിത്യമായ സാധനങ്ങളെ കൊണ്ട് നിത്യമായ വസ്തുക്കളെ പ്രാപിക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും നാച്ചുകേത അഗ്നി നാചികേത അഗ്നി ഞാനും അനുഷ്ഠിച്ചു അഗ്നി ഞാനും ഉപാസിച്ചു അനിത്യേഹി ദ്രവിഹി അനിത്യമായ ദ്രവ്യങ്ങൾ പശുവാദികളെ കൊണ്ട് സ്വർഗ സുഖസാധന ഗുരു സ്വർഗസുഖത്തിന് സാധനമായിരുന്ന അഗ്നി വിദ്യയെ ഞാനും അനുഷ്ഠിച്ചിട്ടുണ്ട് നിർവർത്തിതയിൽ ചേർന്ന് അത് ഞാനും അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് ഈ സ്ഥാനത്തിരിക്കുന്ന യമന്റെ സ്ഥാനത്തിരിക്കുന്നത് അല്ലെങ്കിൽ സദ്യോമുക്തനായി പോയ ഞാനും ഈ സ്ഥാനത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട് തേനാഹം അധികാരാമല്ലഹ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു അങ്ങനെ ഒരു അധികാരത്തെ നേടി നിത്യം ഗ്രാമസ്ഥാനം സ്വർഗാക്ഷം സ്വർഗമെന്ന് നിത്യമായിരിക്കുന്ന കൽപാന്തം വരെ നിലനിൽക്കുന്ന ഈ സ്ഥാനത്തെ അപേക്ഷിത മുഖ്യം പ്രാപ്തവാനശ്രീ ഞാൻ നേടിയിരിക്കുകയാണ് വാണിത്യമായ വസ്തുക്കൾ അതുകൊണ്ട് നിത്യമായി അങ്ങനെ പ്രാപിക്കാൻ കഴിയത്തില്ല അതെനിക്കറിയാം പക്ഷെ ഞാൻ വേണ്ടിയിരുന്നു സ്വഭപപ്രാപ്തിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു അങ്ങനെ അനുഷ്ഠിച്ച് ഈ യമ സ്ഥാനത്തെ എന്നും ഉടൻ നഗീകേശിനെ ഓർമ്മിപ്പിക്കുകയാണ് സ്ഥാനം പോലും നിത്യമെന്നെ ഉപദേശിക്കുന്നതിന് അത്ര ഉള്ളതാണ് ആത്മലാഭമാണ് നിത്യം യമ സ്ഥാനം പോലും നിത്യമല്ല എന്നിവിടെ നിർവേശനം ഉണർപ്പിക്കുകയാണ് അപ്പൊ താൻ ഇതിനെ ഉപയോഗിച്ച കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ടും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ശിവതി അതിന്റെ അർത്ഥം കർമ്മഫലം അനിത്യം അനിത്യമാണെന്ന് അഹം ജാനാമി ഞാൻ അറിയുന്നു പദ്ധതി അനിത്യ വസ്തുക്കളെ കൊണ്ട് ധ്രുവം നിത്യമായ ഫലത്തെ നഹിപ്രാപ്യത പ്രാപിക്കപ്പെടുന്നില്ല കഥ അതുകൊണ്ട് ഇക്കാര്യം അറിഞ്ഞിരുന്നുണ്ട് മഴ എന്നാണ് നാജികേത അഗ്നി ചിത നാജികേദാഗ്നി അനുഷ്ഠിക്കപ്പെട്ടു അഗ്നി ഇന്ത്യ എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടു അനിത്യേഹി ദ്രവ്യേഹി അനിത്യവസ്തുക്കളെ കൊണ്ട് നിത്യം ആപേക്ഷിക നിത്യം അതായത് പദം യമസ്ഥാനം യെമൻ്റെ പ്രാപ്തവാൻ അസ്മി ഞാൻ നേടിയിരിക്കുന്നു ഇവിടെ ഒന്നാമത്തെ ഭാഗത്തിൽ അനിത്യത്തെ കൊണ്ട് നിത്യത്തെ നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവസാനം അനിത്യദ്രവ്യങ്ങളെക്കൊണ്ട് നിത്യത്വങ്ങൾ നേടി എന്ന് പറയുമ്പോൾ അവിടെ നിത്യം ഉദ്ദേശിക്കുന്നത് കൽപ്പാന്തം നേടുന്ന യാമ്യപഥമാണ് അതല്ല അപേക്ഷീയമായ നിത്യം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ഇതുമായിട്ട് നിരോധം വരും അനിത്യഹി ദ്രവീഹി പ്രാപ്തമാണ്സ് നിത്യം എന്ന് പറഞ്ഞിരിക്കുന്നു ആ നിത്യം എന്ന് പറയുന്നത് മോക്ഷമല്ല മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ എവിടെയോടും മുഷ്ടപുരുഷനാണ് എന്നാലും തന്റെ ആ സ്ഥാനത്തെ ഉപദേശിക്കും മോക്ഷം ലക്ഷിക്കുന്നത് പക്ഷെ തന്റെ സ്ഥാനം അത് കഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ കൽപ്പാന്തത്തിലാണ് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് അവനെ സൂചിപ്പിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള ഇതാണ് നേരത്തെ നെവിയേഷൻ ഉപദേശങ്ങൾക്ക് അഗ്നിയിക്കുക ഈ അഗിനയിക്കുകൊണ്ട് പരമാവധി ഈ ആമ്യ പദം വരെ എന്ന് നേരത്തെ പറഞ്ഞു അതിനൊന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നേടാമെന്ന സ്ഥാനം വരെയാണ് പക്ഷെ ഇതല്ല സത്യം നടത്തും മോക്ഷമാണ് സത്യം അതിനിങ്ങനെ ഒരു സ്ഥാനത്തിന്റെ ആവശ്യമുണ്ട് ഈ സ്ഥാനം എന്ന് പറയുന്നതും ഈ കൽപ്പാന്തം വരെ നിലനിൽക്കുന്നതും എന്നാൽ അത് മെസ്സൂർണമാണ് എന്ന നജീയസിനെ ഓർമ്മിപ്പിക്കുക അതിനെ ശർഗം എന്നും പറഞ്ഞാൽ തികന്ന സ്ഥായിയായി നിലനിൽക്കുന്നതല്ല എന്നും നമുക്ക് ഓർമ്മിപ്പിക്കുന്നു ഈ പ്രകടനങ്ങൾ എല്ലായിടത്തും പറയുന്നത് ആത്മവിദ്യാ അധികാരിയുടെ യോഗ്യതയും ആത്മവിദ്യയുടെ മഹത്വത്തെയാണ് ഏതു തരത്തിലുള്ള അധികാരിക്കാണ് ഇതിനെ നേടാൻ കഴിയുന്നത് എന്തൊക്കെയാണോ ആത്മവിദ്യയുടെ മഹത്വം എന്തുകൊണ്ടത് സാധാരണ സ്വരാൾക്ക് അത് നേടാൻ കഴിയുന്നില്ല പ്രാകൃണ ബുദ്ധികൾക്കത് നേടാൻ കഴിയുന്നില്ല കാർത്തിക ബുദ്ധികൾക്ക് നേടാൻ കഴിയുന്നില്ല മറിച്ച് യോഗ്യനായ ഉത്തമനായ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കിയ ഒരു ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഒരു ആത്മബോധം ഉണ്ടാവത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആവർത്തിച്ചാവത്തിൽ വ്യക്തമാക്കുകയാണ് ഈ മന്ത്രങ്ങളിലല്ല അടുത്ത് വരുന്നത് താൻ ഒന്നാമത്തെ മന്ത്രമാണ് അത് നമ്മൾ തുറന്ന ചർച്ച